അള്ളാഹു സുബഹാനഹു വച്ചാലായുടെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു വ്യാപാരം പ്രതീക്ഷിക്കുന്നു